അധ്യായം പതിനഞ്ച് ഇസ്രയേൽ രാജാവായ യോരോബയാമിന്റെ ഇരുപത്തേഴാം ആണ്ടിൽ യഹൂദ രാജാവായ അമസ്യാവിന്റെ മകൻ അസ്സരിയാവ് രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് പതിനാറ് വയസ്സായിരുന്നു അവൻ അമ്പത്തിരണ്ട് സംവത്സരം യരുഷലേമിൽ വാണു യെരുഷലേം കരുത്തിയായ അവന്റെ അമ്മയ്ക്ക് യഖോല്യ എന്നുപേർ അവൻ തന്റെ അപ്പനായ അമ്മസ്യാവു ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നികം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു എന്നാൽ യഹോവ ഈ രാജാവിനെ ബാധിച്ചു അവൻ ജീവപര്യന്തം കുഷ്ഠരോഗിയായി ഒരു പ്രത്യേക ശാലയിൽ പാർത്തിരുന്നു രാജകുമാരനായ യോദ്ധാം രാജധാനിക്ക് വിചാരകനായി ദേശത്തെ ജനത്തിന് ന്യായപാലനം ചെയ്തു അസ്സരിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ അസ്സരിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു അവന്റെ മകനായ യോദ്ധാം അവന് രാജാവായി യഹൂദാ രാജാവായ അസരിയാവിന്റെ മുപ്പത്തെട്ടാം ആണ്ടിൽ യോരോബയാമിന്റെ മകനായ സെഖരിയാവോ ഇസ്രയേലിന്റെ രാജാവായി ഷമരിയിൽ ആറുമാസം വാണു അവൻ തന്റെ പിതാക്കന്മാരെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രയേലിനെ പാപം ചെയ്യിച്ച നബാത്തിന്റെ മകനായ യോരോബയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല യാബേഷിന്റെ മകനായ ശല്യൂം അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി ജനത്തിന്റെ മുമ്പിൽ വച്ച് അവനെ വെട്ടിക്കൊന്ന് അവനു പകരം രാജാവായി സക്കരിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ യഹോവ യേഹുവോട് നിന്റെ പുത്രന്മാർ നാലാം തലമുറ വരെ ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നരുളി ചെയ്ത വചനം ഇതാകുന്നു അങ്ങനെ സംഭവിച്ചു യഹൂദ രാജാവായ ഉസിയാവിന്റെ മുപ്പത്തി ഒമ്പതാം ആണ്ടിൽ യാബേഷിന്റെ മകനായ ഷല്യൂം രാജാവായി ഷമരിയിൽ ഒരു മാസം വാണു എന്നാൽ ഗാദിയുടെ മകനായ മെനഹേൻ തിർസയിൽ നിന്ന് പുറപ്പെട്ട്യിൽ വന്നു യാബേഷിന്റെ മകനായ ഷല്യൂമിനെ ശമരിയിൽ വെച്ച് വെട്ടിക്കൊന്നു അവനു രാജാവായി ഷല്യൂമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവനുണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ മെനഹേം അതിലുള്ള സകലവും തിർസ തൊട്ട് ചേർന്ന പ്രദേശങ്ങളും ശൂന്യമാക്കി അവർ പട്ടണവാതിൽ തുറന്നുകൊടുക്കായികയാൽ അവനതിനെ ശൂന്യമാക്കുകയും അതിലെ ഗർഭിണികളെയൊക്കെയും പിളർന്നുകളയുകയും ചെയ്തു യഹൂദ രാജാവായ അസരിയാവിന്റെ മുപ്പത്തൊമ്പതാം ആണ്ടിൽ ാന്ധിയുടെ മകൻ മെനഹേം ഇസ്രയേലിന്റെ രാജാവായി ഷമരിയിൽ പത്ത് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രയേലിനെ പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യോരോബയാമിന്റെ പാപങ്ങളെ ജീവപര്യന്തം വിട്ടുമാറിയതുമില്ല അശൂർ രാജാവായ പൂൽ ദേശത്തെ ആക്രമിച്ചു പൂൽ തന്നെ സഹായിക്കേണ്ടതിനും രാജത്വം തനിക്ക് ഉറക്കേണ്ടതിനുമായി മെനഹേം അവന് ആയിരം താലന്ത് വെള്ളിക്കൊടുത്തു അശൂർ രാജാവിന് കൊടുപ്പാൻ മെനഹേം ഈ ദ്രവ്യം ഇസ്രയേലിലെ ധനവാന്മാരോടൊക്കെയും അമ്പത് ഷേക്കൽ വെള്ളി വീതം പിരിപ്പിച്ചു അങ്ങനെ അശൂർ രാജാവ് ദേശത്ത് താമസിക്കാതെ മടങ്ങിപ്പോയി മെനഹേമിന്റെ മറ്റുള്ള അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ മെനഹേം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ പെക്കഹ്യാവോ അവന് പകരം രാജാവായി യഹൂദ രാജാവായ അസരിയാവിന്റെ അമ്പതാം ആണ്ടിൽ മെനഹേമിന്റെ മകനായ പെക്കഹ്യാവോ ഇസ്രയേലിന് രാജാവായി ഷമരിയയിൽ രണ്ട് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രയേലിനെക്കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൂരോബയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയതുമില്ല എന്നാൽ അവന്റെ അകമ്പടി നായകനായി മകനായ പേക്കഹ് അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി ഗിലേ ആദിരിൽ അമ്പതുപേരെ തുണ കൂട്ടി രാജധാനിയുടെ കോട്ടയിൽ വച്ച് അവനെ അർഗോബിനോടും അരിയോയോടും കൂടെ വെട്ടിക്കൊന്ന് അവനു രാജാവായി പെക്കഹ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹൂദ രാജാവായ അസരിയാവിന്റെ അമ്പത്തിരണ്ടാം ആണ്ടിൽ രമല്യാവിന്റെ മകനായ പെക്കഹ് ഇസ്രയേലിന് രാജാവായി ഷമരിയിൽ ഇരുപത് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ഇസ്രയേലിനെ പാപം ചെയ്യിച്ചു നബാത്തിന്റെ മകനായ യോരോബയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയതുമില്ല ഇസ്രയേൽ രാജാവായ പേക്കഹിന്റെ കാലത്ത് അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ വന്ന് ഈയോനും ആബേൽ ബേത്മയഖയും യാനോവഹും കേദശും ഹാസോരും ഗലയാദും ഗലീലയും നഫ്താലി ദേശം മുഴുവനും പിടിച്ച് നിവാസികളെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഏലാവിന്റെ മകനായ ഓശയ രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ ഉസിയാവിന്റെ മകനായ യോധാമിന്റെ ഇരുപതാം ആണ്ടിൽ വെട്ടിക്കൊന്ന് രാജാവായി പേക്കഹിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ ഇസ്രായേൽ രാജാവായ മല്യാവിന്റെ മകനായ പേക്രഹിന്റെ രണ്ടാമാണ്ടിൽ യഹൂദ രാജാവായ ഊസിയാവിന്റെ മകൻ യോദ്ധാം രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ എരുശലേമിൽ പതിനാറ് സംവത്സരം വാണു അവന്റെ അമ്മയ്ക്ക് യരൂഷ എന്നു പേർ അവൾ സാദോക്കിന്റെ മകൾ ആയിരുന്നു അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു തന്റെ അപ്പനായ ഉസിയാവു ചെയ്തതുപോലെയൊക്കെയും ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നികം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു അവൻ യഹോവയുടെ ആലയത്തിന്റെ മേലത്തെ വാതിൽ പണിതു യോദ്ധാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ ആ കാലത്ത് യഹോവ അരാം രാജാവായ രസീനെയും രമല്യാവിന്റെ മകനായ പേക്കഹിനെയും യഹൂദയ്ക്ക് നേരെ അയച്ചു തുടങ്ങി യോദ്ധാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആഹാസ് അവനു രാജാവായി